പറയുക വരൂ നിങ്ങളുടെ രക്ഷിതാവ് നിങ്ങൾക്ക് നിഷിദ്ധമാക്കിയത് ഞാൻ ഓതിത്തരാം അവനോട് യാതൊന്നിനെയും പങ്കുചേർക്കരുത് മാതാപിതാക്കൾക്ക് ഗുണകാംക്ഷ കാണിക്കണം ദാരിദ്ര്യം കാരണം നിങ്ങളുടെ മക്കളെ കൊല്ലരുത് നിങ്ങൾക്കും അവർക്കും നാം ഉപജീവനം നൽകുന്നു തെറ്റായ കാര്യങ്ങളിൽ നിന്ന് അകന്നു നിൽക്കുക അവയിൽ പ്രത്യക്ഷമായവയും രഹസ്യമായവയും അള്ളാഹുസുബഹാനഹുവറ്റാല നിഷിദ്ധമാക്കിയ ജീവനെ ന്യായമായ കാരണങ്ങളല്ലാതെ കൊല്ലരുത് നിങ്ങൾ ചിന്തിച്ചു മനസ്സിലാക്കുന്നതിനായി അവൻ നിങ്ങൾക്ക് നൽകിയ ഉപദേശമാണിത്